പ്രതിരോധം ഇന്ത്യൻ കരസേനയുടെ ആദ്യ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ സായുധ സേനയുടെ സർവ്വ സൈന്യാധിപൻ എന്നറിയപ്പെടുന്നത് പ്രസിഡന്റ് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട സമാന്തര സൈനിക സേന ഏത് രാഷ്ട്രീയ റൈഫിൾസ് ഇന്ത്യയുടെ മിസൈൽ മനുഷ്യൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് എ അബ്ദുൾ കലാം ബിഎസ്എഫിന്റെ ആസ്ഥാനം എവിടെ ഡൽഹി സിഐഎസ്എഫ് രൂപീകൃതമായതെന്ന് ഇന്ത്യയുടെ സമുദ്രതീരം കാത്തു സംരക്ഷിക്കാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ രൂപീകൃതമായ സേനയേത് കോസ്റ്റ്ഗാർഡ് ഇന്ത്യയിൽ വർദ്ധിച്ചുവരുന്ന വർഗീയ ലഹളകളെ അമർച്ച ചെയ്യാൻ പ്രത്യേകം രൂപീകരിച്ച അർദ്ധസൈനികേത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സ്ത്രീകൾ മാത്രം അടങ്ങിയ ലോകത്തെ ആദ്യ അർദ്ധസൈനിക വിഭാഗം ഏത് സിആർപിഎഫ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിയഞ്ചിൽ ലെവി എന്ന പേരിൽ രൂപീകരിച്ച അർദ്ധസൈനിക വിഭാഗം ഏത് അസം റൈഫിൾസ് ലോകത്തിലെ ഏറ്റവും പരിഷ്കൃതമായ ടാങ്ക് വേദ മിസൈൽ ഏത് നാഗ് ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പൽ ഏത് ഐ എൻ എസ് കാർവാറിൽ സ്ഥാപിക്കാൻ പോകുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ നാവിക കേന്ദ്രത്തിന്റെ പേരെന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ പവർ അന്തർവാഹിനി ഏത് INS ചക്ര ഇന്ത്യയുടെ ആദ്യ തദ്ദേശീയ നിർമ്മിത ടാങ്ക് ഏതാണ് വിജയാന്ത കരസേനയ്ക്ക് കൈമാറിയ ഇന്ത്യൻ നിർമ്മിതമായ ആദ്യ മിസൈൽ ഏത് അഗ്നി നാവികസേനയുടെ ഭാഗമായി ഹിന്ദുസ്ഥാൻ ഷിപ്പ്യാർഡിൽ രൂപകൽപ്പന ചെയ്ത ആദ്യത്തെ കപ്പൽ ഏതാണ് ഐ സാവിത്രി ഇന്ത്യയുടെ ആദ്യ മിസൈൽ വാഹക അന്തർവാഹിനി ഏത് ഐ എൻ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യത്തെ മുങ്ങിക്കപ്പൽ ഏത് ഐൻ എസ് ഷൽക്കി ഇന്ത്യൻ മിലിട്ടറി അക്കാദമിയുടെ ആസ്ഥാനം എവിടെ ഡാഡൂൺ നാവികസേനയുടെ തലവൻ ആരാണ് അഡ്മിറൽ ഇന്ത്യയുടെ ഉപഗ്രഹ വിക്ഷേപണ കേന്ദ്രം ഏത് ശ്രീഹരിക്കോട്ട മുമ്പത്തെ സ്റ്റാർ വാർ പദ്ധതിക്ക് ബദലായി ഇപ്പോൾ അമേരിക്ക രൂപം നൽകിയിരിക്കുന്ന പദ്ധതിയുടെ പേര് ഉണ്ട് നാഷണൽ മിസൈൽ ഡിഫൻസ് ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ കണ്ണൂർ ഇന്ത്യയുടെ ആദ്യ ന്യൂക്ലിയർ പവർ അന്തർവാഹിനിയേത് ഐ എൻ എസ് ചക്ര കരസേനയുടെ ഏറ്റവും ഉയർന്ന പദവി ഏത് ജനറൽ ഇപ്പോഴത്തെ നാവികസേനാ മേധാവി ആരാണ് അഡ്മിറൽ അരുൺ പ്രകാശ് ഇന്ത്യക്കാരനായ ആദ്യ നാവികസേനാ മേധാവി ആർ കത്താരി ജമ്മു കാശ്മീരിലെ കാർഗിലിലും ാസ് സെക്ടറിലും അതിക്രമിച്ചു കയറിയ പാകിസ്ഥാനി നുഴഞ്ഞുകയറ്റക്കാരെ തുരത്തുന്നതിനു ഇന്ത്യൻ സൈന്യം നടത്തിയ ഓപ്പറേഷന്റെ പേര് ഓപ്പറേഷൻ വിജയ് ഇന്ത്യയുടെ വക വൈജയന്തി ടാങ്ക് നിർമ്മിച്ച സ്ഥലം ഏത് ആവടി കേരളത്തിൽ നിന്നും പരംവീർ ചക്ര കിട്ടിയ ആദ്യത്തെ വ്യക്തി ആരാണ് പത്മനാഭൻ ഇന്ത്യൻ അതിർത്തി സംരക്ഷണ സേന രൂപീകരിച്ച വർഷമേത് ആയിരത്തി ഇന്ത്യൻ എയർഫോഴ്സ് സ്ഥാപിതമായ വർഷമേത് ആയിരത്തി സിബിഐ നിലവിൽ വന്നത് എന്നാണ് രാജ്യരക്ഷാ വകുപ്പിന്റെ നാവിക വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊച്ചിയിൽ ഇന്ത്യയിലാദ്യമായി പരംവീർ ചക്ര ലഭിച്ചത് ആർക്കാണ് സോമനാഥ് ശർമ്മ ദേശീയ പ്രതിരോധ കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ന്യൂഡൽഹി ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ വെല്ലിംഗ്ടൺ ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങി പുതുക്കിപ്പണഞ്ഞ വിമാനവാഹിനി കപ്പലായ അഡ്മിറൽ ഗോർഷകോവിന്റെ പുതിയ പേര് ഐ എൻ എസ് വിക്രമാദിത്യ പകർച്ചവ്യാധികളും മറ്റ് പ്രകൃതി ദുരന്തങ്ങളും ഉണ്ടാകുമ്പോൾ പോലീസിനെയും അധികൃതരെയും സഹായിക്കാനായിരണ്ടിൽ രൂപീകരിച്ച സേനാ വിഭാഗം ഏത് ഹോംഗാർഡ്സ് ഇന്ത്യയിലെ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് കോബാറ്റ് എയർക്രാഫ്റ്റ് ഏത് സരസ് ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ഒരു പൈലറ്റ് രഹിത വിമാനം ഏതാണ് ലക്ഷ്യ ഇന്ത്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഏതാണ് സൂര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മെയ് പതിനൊന്ന് തീയതികളിൽ താർ മരുഭൂമിയിലെ പൊക്രാനിൽ നടത്തിയ അണുപരീക്ഷണങ്ങൾക്ക് നൽകിയ കോഡ് എന്തായിരുന്നു ബുദ്ധൻ വീണ്ടും കമാൻഡർ ഇൻ ചീഫായ ആദ്യ ഇന്ത്യക്കാരൻ ജനറൽ കെ എം കരിയപ്പ വ്യോമസേനയുടെ ആദ്യ ഇന്ത്യൻ മേധാവി ആരാണ് സുബ്രതോ മുഖർജി സേനാ മെഡൽ ലഭിച്ച ആദ്യ വനിതാ കോൺസ്റ്റബിൾ ആരാണ് വിമലാദേവി സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ കമാൻഡർ ചീഫ് ആരാണ് ജനറൽ സർ റോയി ബുച്ചർ കാർഗിൽ വിജയ് ദിവസം ജൂലൈ വ്യോമസേനയുടെ ആദ്യ മേധാവി എയർ മാർഷൽ സർ തോമസ് എൽമിസ്റ്റ് കാർഗിൽ നുഴഞ്ഞുകയറ്റത്തെക്കുറിച്ച് അന്വേഷിച്ച കമ്മീഷൻ ഏത് കെ സുബ്രഹ്മണ്യൻ കമ്മീഷൻ ഇന്ത്യൻ പോലീസ് സർവീസിനെ നിയന്ത്രിക്കുന്നത് ആര് മന്ത്രാലയം ആയുധ വിപണിയിലെ കൈക്കൂലിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ട സ്ഥാപനം ഏത് കോം ഇന്ത്യയുടെ ആദ്യ റിമോട്ട് സെൻസിംഗ് സാറ്റലൈറ്റ് ഏത് ഐ ആർ എസ് നിന്നും വിക്ഷേപിച്ചു അശോകചക്ര ബഹുമതി നേടിയ പ്രഥമ ഇന്ത്യൻ വനിത കമലേഷ് നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന കമ്മീഷൻ ഏതാണ് എം കെ കമ്മീഷൻ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിതമായ സ്ഥലം സിംഗപ്പൂർ അസം റൈഫിൾസിന്റെ ആസ്ഥാനം എവിടെയാണ് ഷില്ലോങ് റോയുടെ മേധാവിയായ ആദ്യ മലയാളി ആര് കെ ശങ്കരൻ നായർ താജ്മഹലിന്റെ സംരക്ഷണ ചുമതല ഇന്ത്യയിലെ ഏത് സൈനിക വിഭാഗത്തിനാണ് സിഐഎസ്എഫ് കരസേനയുടെ പരിശീലന കേന്ദ്രങ്ങൾ നാഷണൽ ഡിഫൻസ് അക്കാദമി കടത്ത് വാസ്ല ഇന്ത്യൻ മിലിട്ടറി അക്കാദമി ഡെറാഡൂൺ നാഷണൽ ഡിഫൻസ് കോളേജ് ഡൽഹി ഡിഫൻസ് സർവീസസ് സ്റ്റാഫ് കോളേജ് വെല്ലിംഗ്ടൺ ആർംഡ് ഫോഴ്സസ് മെഡിക്കൽ കോളേജ് പൂന കോളേജ് ഓഫ് മിലിട്ടറി എഞ്ചിനീയറിംഗ് കിർക്കി മിലിട്ടറി കോളേജ് ഓഫ് ഇലക്ട്രോണിക്സ് ആന്റ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സെക്കന്ധ്രാബാദ് കോളേജ് ഓഫ് ഡിഫൻസ് മാനേജ്മെന്റ് സെക്കന്ധ്രാബാദ് ഓഫീസേഴ്സ് ട്രെയിനിംഗ് സ്കൂൾ ചെന്നൈ കോളേജ് ഓഫ് മെറ്റീരിയൽ മാനേജ്മെന്റ് സ്കൂൾ ജബൽപൂർ യുദ്ധോപകരണങ്ങൾ നിർമ്മിക്കുന്ന ഫാക്ടറികൾ भारत इलेक्ट्रॉणिक लिमिटेड बांग्लूर् हिंदुस्तान ए लिमिटेड बांग्लूर् भारत डायनामिक लिमिट हाइदराबाद हेवी वेहिकल फाक्टरी आवड़ भारत एर्थ मूवे लिमिटेड बांग्लूर् मैसूर् कोला गोवा षिप लिमिट गोवा गाड़न रीशिप बिल्डर आंजी कल मिश्र धा निगाम लिमिटेड हेदराबाद मसगौंड डॉक् मब